സൃദ്ടശരീരാത് सुक्रम सुक्रम नचिकेतो ോക്തേലി യോഗ വിധിസ്നം ബ്രഹ്മ പ്രോ വിരജോ ഭൂമി മൃത്യു അന്യോപ്യവം യോ വിദ്യാത്മമേവ നിരൂപണം ചെയ്തത് അതിനാധാരാണ് സത്യം പ്രപഞ്ചം ആ വൃക്ഷം പോലെ എന്ന് പറഞ്ഞു അടുത്ത് രണ്ടാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായി ഭാഷത്തിൽ പറയുന്നതാണ് ജഗത മൂലം തസ്സൃതമൊരു പൂർവപക്ഷമാണ് ഇവിടെ ഒരു സംശയം ഉന്നയിക്കുകയാണ് യു വിജ്ഞാ അമൃതവീചന ഏതെന്നിന്റെ അറിവുകൊണ്ടാണോ അമൃത അമരണധർമ്മ മരണമില്ലാത്തവരായി തീരുന്നു എന്ന് പറഞ്ഞു ആത്മവിജ്ഞാനം കൊണ്ട് മരണത്തെ അതിജീവിക്കുന്നു എന്ന് പറഞ്ഞു അതെന്താണ് ജഗതഹ മൂലം അതാണ് ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നതെന്നും പറഞ്ഞു അതിലൊരാക്ഷേപം ഉന്നയിക്കയാണ് തദ്വ നാസ്തി ബ്രഹ്മ തദ്വ േവ അങ്ങനെ ഒരു ബ്രഹ്മം ഇല്ല ഇതെങ്ങനെ ഉണ്ടായിരുന്നു അസദ ഇതം നിസ്തം അസതഹ അസത്തിൽ ശൂന്യത്തിൽ നിന്നാണോ ഇതം നിസ്തം ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ശൂന്യവാദികൾ പറയുന്നു ഒരു ശൂന്യതയിൽ നിന്നും ശുദ്ധമായ ഒരു ശൂന്യതയിൽ നിന്നും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ശൂന്യതയിൽ നിന്നാണ് ഈ ജഗത്തുണ്ടായിരിക്കുന്നത് പറഞ്ഞാലോ പറയുന്നു തത് നരിയല്ല അടുത്ത ഭാഷകാരൻ പറയുന്നു അങ്ങനെ ഒരു സംശയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത എന്ന് അടുത്ത ഭാഷകാരൻ പറയുന്നു യതിദം യതിതം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിശ്രിതം അത് വ്യാഖ്യാനിക്കുന്നു കിഞ്ചിതം ജഗത്ത് ജഗത്ത് ഇവിടെ കിഞ്ച ജഗത് ജഗത്തായി പ്രപഞ്ചമായി എന്തൊക്കെയുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ വൈപുല്യത്തെ അതിൻ്റെ വിശാലതയെ ഉൾക്കൊള്ളാൻ പറയുന്നത് ജഗത്ത് ഇവിടെ പ്രപഞ്ചമായി എന്തൊക്കെയുണ്ട് പ്രപഞ്ചം നമ്മൾ മുമ്പും ചർച്ച ബാഹ്യമായി കാണുന്ന സ്ഥൂലം മാത്രമല്ല സ്ഥൂല സൂക്ഷ്മകാരണ രൂപത്തിലുള്ള സമസ്തവും വൃഷ്ടി സമൃഷ്ടി രൂപത്തിലിരിക്കുന്ന ഈ സമ്പൂർണ പ്രപഞ്ചവും ഇത് സർവവും തസതം നിർഗതം സത് പ്രചലതി നിയമന ചേച്ചതി ഇത് സർവ്വെന്താണ് പരസ്മിൻ ബ്രഹ്മണി സതി ഏജതി ആ പരബ്രഹ്മം ശൂന്യമല്ല ആ പരബ്രഹ്മം ഇതിനേക്കാൾ വ്യാപകമായിരിക്കുന്ന ബൃഹത്തായിരിക്കുന്ന ആ പരബ്രഹ്മം ഉള്ളതുകൊണ്ടാണ് ഏ ജതി കമ്പതെ പ്രവർത്തിക്കുന്നത് ചലിക്കുന്നത് കമ്പതെ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് കൂടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കുന്നു കമ്പത എന്ന് പറഞ്ഞു തതയവ നിസ്തം ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടായത് നിർഗതം പുറപ്പെട്ടതുണ്ടായത് അങ്ങനെ നിർഗമിച്ച് നിർഗതം സത് നിർഗമിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു പ്രചരതി കമ്പതെ അതിന്റെ അർത്ഥം പറയുന്നത് നിയമേന ചേഷ്ടത നിയമപൂർവകമായി പ്രവർത്തിക്കുന്നു എന്നാണ് പ്രാണൻ എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം ബ്രഹ്മം എന്നാണ് സാധാരണ പ്രാണൻ എന്ന് പറയുന്ന അർത്ഥമല്ല അപ്പൊ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി ഇത് നിയമപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു നിയമപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിൽ കാണുന്ന നിയമവ്യവസ്ഥ ആ നിയമവ്യവസ്ഥയാണ് ീ പ്രപഞ്ചത്തിന് കാരണമായി ഒരു നിയന്താവ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അതിന്റെ ഹേതു ലിംഗം കാരണം എവിടെ ഒരു നിയമവ്യവസ്ഥ കാണുന്നു അതിന്റെ പിന്നിൽ ഒരു നിയന്താവ് ഉണ്ടായിരിക്കണം അല്ലാതെ ഉണ്ടാകത്തില്ല നമ്മളെവിടെയെങ്കിലും ഒരു നിയമവ്യവസ്ഥ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് ഒരു നിയാമകൽ ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം എന്നാൽ ഈ വ്യവസ്ഥ നിലനിൽക്കട്ടു നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ നിയമങ്ങളുണ്ടാകുന്നു മറ്റ് പ്രാണികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു അതനുസരിച്ച് പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വ്യഷ്ടിയിലാണെങ്കിൽ ജീവൻ നിയമങ്ങളുണ്ടാക്കുന്നു സമൂഹത്തിലായാൽ വ്യക്തി ജീവിതത്തിലായാലും ജീവൻ നിയമങ്ങളുണ്ടാക്കുന്നു ആ നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിയമങ്ങൾ തെറ്റിക്കുന്നത് അത് മറ്റു ചില നിയമങ്ങളാണ് എന്തായാലും നിയമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാള് മറ്റൊരു നിയമം ഉണ്ടാക്കും അപ്പോൾ അതും ഒരു നിയമത്തിന് വിരുദ്ധമായി വരും അതുപോലെ നിയമം തെറ്റുന്നതോ എന്ന് മറ്റു ചില നിയമങ്ങളാണ് എവിടെയായാലും സർവത്ര നിയമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യഷ്ടിയിൽ സംഭവിക്കുന്ന ഈ നിയമവ്യവസ്ഥ ജീവന്റെ സൃഷ്ടി പക്ഷെ ജീവൻ പരിച്ഛിന്നനായതുകൊണ്ട് ജീവന്റെ നിയമങ്ങൾ പരിമിതമാണ് ഇപ്പോൾ പരിച്ഛിന്നനായ ജീവന് ഈ പ്രപഞ്ച വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള ശേഷിയിൽ പ്രപഞ്ചവ്യവസ്ഥ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ അതടുത്ത് പറയും അടുത്ത മന്ദിരത്തിൽ അതിന്റെ എല്ലാം നിയമേന പ്രവർത്തിക്കുന്നു പഞ്ചഭൂതങ്ങളെടുത്തു കഴിഞ്ഞാൽ പൃഥിവി അത് കഠിനമായി വർധിക്കുന്നു ജലം തരളമായിരിക്കുന്നു അഗ്നി ഉഷ്ണ സ്വഭാവത്തിലിരിക്കുന്നു വായു ചലനാത്മകമായിരിക്കുന്നു ആകാശം വ്യാപകമായിരിക്കുന്നു ഇതാണ് പഞ്ചഭൂത നിയമങ്ങൾ പഞ്ചഭൂതങ്ങളുടെ ഈ നിയമങ്ങൾ ഒരു സ്ഥലത്തും മാറ്റമില്ലാതിരിക്കുന്നു ജീവൻ സൃഷ്ടിക്കുന്ന നിയമങ്ങൾ മറ്റ് ജീവന്മാർ മാറ്റുന്നു പരിച്ഛന്നനായ ജീവന്റെ നിയമങ്ങളൊന്നും അലിഖിതങ്ങളല്ല മാറ്റമില്ലാത്ത നിയമങ്ങളല്ല മറ്റ് ജീവന്മാർക്ക് മാറ്റാൻ കഴിയുന്നു എന്തുകൊണ്ട് ജീവഭാവം അനന്തമാണ് ജീവഭാവം അനന്തമായതുകൊണ്ട് ഇവിടെ അനന്തമായ നിയമങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്നു അതിന് മാറ്റാനും കഴിയുന്നുള്ളു പക്ഷേ മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിൽ നിയമങ്ങൾ കാണുന്നുള്ളു അങ്ങനെ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ അതിന് മാറ്റം കാണുന്നുണ്ട് സൃഷ്ടി സംഹാരങ്ങൾക്കിടയ്ക്ക് സ്ഥിതികാലത്തിൽ കാണുന്ന ഈ നിയമങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ട് എന്തുകൊണ്ട് അത് ഏകനായ ഈശ്വരന്റെ നിയമങ്ങളാണ് ജീവൻ മാറ്റാൻ കഴിയുന്നില്ല മാറ്റാൻ മറ്റൊരു ഈശ്വരനും നിലവിലുണ്ട് ഇവിടെ നിയമം കാണുമ്പോൾ നമ്മൾ നിയാമകനെ കല്പിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ ശാശ്വതമായ നിയമങ്ങൾ ആ നിയമങ്ങൾക്ക് പിന്നിൽ ഏകനായ ഒരു നിയന്താവ് ഉണ്ടായിരിക്കണം അതാണ് ഈശ്വര അസ്തിത്വത്തെക്കുറിച്ച് താർക്കികന്മാരും മറ്റും നടത്തുന്ന ഊഹം അങ്ങനെ ഒരു ഈശ്വരനെ അവർ സമർത്ഥിക്കുന്നു മാറ്റമില്ലാത്ത നിയമങ്ങൾ ജീവന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിന് പ്രാപ്തനായ ഒരാളുണ്ടായിരിക്കുന്നു ആ ആൾ എങ്ങനെയായിരിക്കുന്നത് സർവജ്ഞനായിരിക്കണം സർവശക്തനായിരിക്കണം എന്നാൽ സർവജ്ഞനും സർവശക്തനുമായ ഒരാളിനു മാത്രമേ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലു അങ്ങനെ ഒരു ബ്രഹ്മം എന്ന് പറയുന്നത് ആ നിയാമകന്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നിയമേന ചേഷ്ടതയെ നിയമപൂർവ്വം ഈ പ്രപഞ്ചത്തിലെ സർവ ഘടകങ്ങളും ആ നിയമത്തെ അല്പം പോലും മാറ്റം വരാതെ എന്ന് പറഞ്ഞാൽ അഗ്നി അതിൽ എപ്പോഴും ഉഷ്ണരൂപത്തിൽ തന്നെ ഇരിക്കുന്നു അതിന്റെ സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ല നമ്മുടെ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതുപോലെ ഒന്നും നിലനിൽക്കുന്നില്ല മറ്റത് അങ്ങനെയല്ല അത് ആ നിയമത്തിന് മാറ്റം വരുത്താൻ മറ്റൊരാളില്ലാത്തതുകൊണ്ട് ആ നിയമങ്ങൾ മാറ്റമില്ലാതെ തന്നെ ഇരിക്കും കഠിനമായി തന്നെയിരിക്കും ജലം തരളമായി തന്നെ ഇരിക്കുന്നു മറ്റു തരത്തിൽ പറഞ്ഞാൽ വസ്തു സ്വഭാവം അത് നിയമവ്യവസ്ഥയ്ക്ക് അധീനമാണ് അതുകൊണ്ട് ഒരു വസ്തുവും അതിന്റെ സ്വഭാവത്തെ വിടുന്നില്ല വിട്ടുകഴിഞ്ഞാൽ ആ വസ്തു ഇല്ലാതായി പോകും വസ്തുവിനെ നിലനിൽക്കുന്നില്ല ആ വസ്തുവിന് അതിന്റെ സ്വഭാവത്തെ വിടുക എന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല ഇതാണ് പ്രപഞ്ചത്തിൽ കാണുന്ന നിയമം പദാർത്ഥങ്ങൾ അതിന്റെ സ്വഭാവത്തെ വിട്ടു നിൽക്കുന്നില്ല പ്രപഞ്ചത്തിന്റെ നിയമമാണ് സൂര്യനും ചന്ദ്രനും അതിന്റെ ഗതികളും ഒക്കെ ഒരുപക്ഷെ മാറിപ്പോയിന്നിരിക്കാം അതെല്ലാം മാറിയാത്ത നീ വസ്തു സ്വഭാവം വസ്തുവിനെ വിട്ടുമാറുന്നില്ല ഇങ്ങനെ ഉള്ള ഈ നിശ്ചിതമായ സ്വഭാവം പ്രപഞ്ചത്തിൽ കാണുന്നതുകൊണ്ട് അതിനൊരു നിയമമായും അതിനൊരു നിയന്താവിനെയും നമുക്ക് കൽപ്പിക്കാം അതാണ് ഇവിടെ പറയുന്നത് നിയമേന ചേഷ്ടത പ്രപഞ്ചഘടകങ്ങളെല്ലാം നിയമപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യവം ജഗത് ഉത്പത്യാദി കാരണം ഇതിങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് ഈ നിയമങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ നിയമങ്ങൾ മൊത്തത്തിൽ പറയാം സൃഷ്ടിസ്ഥിതി സംഹാരം ഇത് ഒരു കാരണവശാലും മാറ്റാൻ കഴിയാത്ത നിയമമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഒരു വസ്തു നമ്മൾ കാണുന്നു അറിയുന്നു അനുഭവപ്പെടുന്നു ഉണ്ടെങ്കിൽ ഒരു വസ്തു അതിനൊരു ഉത്പത്തി ഉണ്ടായിരിക്കണം നമ്മൾ അനുഭവിക്കുന്നതിന്റെ സ്ഥിതികാലമാണ് നാളെ അതിനൊരു നാശം ഉണ്ടായിരിക്കണം സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഈ നിയമം ഇത് പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിൽ ഇത് കാണാതിരിക്കുന്നില്ല ഒരു വസ്തുവിനും ഈ നിയമത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല സൃഷ്ടിസ്ഥിതി സംഹാര നിയമങ്ങളൊന്നും ആണ് പറയുന്നത് ജഗതുത്പത്തി ആദ്യ കാരണം അതിന് കാരണമായിരിക്കുന്ന എന്താണ് ബ്രഹ്മ അതിന് കാരണമായിരിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ജീവനല്ല ജീവൻ അതിന് ശക്തിയില്ല അതുകൊണ്ട് മറ്റൊന്നിനെ കല്പിക്കുന്നു അതാണ് ബ്രഹ്മം തത് മഹത്ഭയം അതിനെ സർവവും സർവതം ഭയപ്പെടുന്നു എന്നാണ് എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് പറയുന്നത് കാരണം ജീവന്റെ സ്വഭാവമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ് നിയമം അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത് ജീവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ട് അതിന്റെ പ്രകൃതി അതിന്റെ സ്വരൂപം എന്ന് പറയുന്നതിന് സ്വതന്ത്രമാണ് നിരുപാധികമാണ് നിരുപാധികമായ പ്രകൃതിയാണ് ജീവൻ്റെ പരമാർത്ഥം പക്ഷേ മായാബദ്ധനായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ പ്രകൃതി അതിൻ്റെ ആ സ്വരൂപത്തെ അതിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പം തന്റെ സ്വരൂപം തന്നെ സ്വതന്ത്രമായിരിക്കുന്നതുകൊണ്ട് ആ ജീവന് മായാധീനനായിരുന്നിട്ടുകൂടി മറ്റ് നിയമത്തെ നിയന്ത്രണത്തെ ഒരു ജീവനും ഇഷ്ടപ്പെടുന്നില്ല ഒരു തരത്തിലാണ് സർവത്തിൽ നിന്നും സ്വതന്ത്രനാകാൻ ബോധപൂർവമായോ അല്ലെങ്കിൽ അബോധപൂർവമായോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ജീവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ശരീരം ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ് ശരീരമാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും ഈ ശരീരം ഒരു ബന്ധനമാണെന്നും ഈ ശരീരത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നും ജീവൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത് സഹജവാസനാരൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ജീവൻ ജാഗ്രതയിൽ നിന്ന് വിട്ട് സ്വപ്നത്തിലേക്കും സുഷൃപ്തിയിലേക്കും പോകുന്നത് രണ്ട് സ്വപ്നത്തിൽ പോയാലും ഈ ശരീരമില്ല സുഷുപ്തിയിൽ ഒരു ശരീരവും ഇല്ല ഇപ്പോൾ ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ശരീരവുമായി ബന്ധപ്പെട്ട് സുഖദുഖങ്ങളെ അനുഭവിക്കുന്നു ജന്മ ജരാ മരണങ്ങളെല്ലാം അനുഭവിക്കുന്നു അതെല്ലാം ജാഗ്രത പക്ഷേ ഈ ഇത് ബന്ധനമാണ് പരമാർത്ഥത്തിൽ നിന്ന് ജീവൻ അറിയാം അതുകൊണ്ട് ഇതിൽ നിന്ന് സ്വതന്ത്രനാകാൻ ഈ ശരീര ബന്ധത്തെ മറക്കാൻ അതിനുവേണ്ടിയിട്ടാണ് ജീവൻ സഹജമായ ആവാസനാബലം കൊണ്ട് ഇതൊന്നുമില്ലാത്ത സുഷുദ്ധിയിലേക്ക് പോകും അറിയാതെ തന്നെ പോകും അവിടെ ഈ ബന്ധനങ്ങളൊന്നുമില്ല ശരീര ബന്ധനമില്ല അവിടെ അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകും മറ്റു ശരീരത്തെ സൃഷ്ടിക്കുന്നു അതും ഈ ശരീരത്തിൽ നിന്ന് അവിടെയും മോചനം കിട്ടും അപ്പൊ അതെല്ലാം എന്താണ് ജീവന്റെ സ്വാതന്ത്ര്യ ഇച്ഛയെ സഹജമായിരിക്കുന്ന സ്വാതന്ത്ര്യ ഇച്ഛ തന്നെയാണ് നമ്മൾ മോക്ഷ പറയുന്നത് അങ്ങനെ സഹജമായി തന്നെ ജീവന്റെ പ്രകൃതിയായിരിക്കുന്ന സ്വാതന്ത്ര്യം അങ്ങനെയിരിക്കുന്ന ജീവന് ബാഹ്യമായി കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു നിയമങ്ങളും അതിന് സ്വമനസാര പൂർണ്ണമായി സ്വീകരിക്കാൻ താല്പര്യമുണ്ട് അത് വ്യക്തി ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യമായാലും ശരി സമൂഹത്തിലുണ്ടാകുന്ന വ്യക്തി ജീവിതത്തിലെ നിയമങ്ങളായാലും ശരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളായാലും ശരി പരമാർത്ഥത്തിൽ ഒരു ജീവൻ ഒരു നിയമവും ആഗ്രഹിക്കുന്നില്ല പാലിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നതോ കാരണം വിവേകം ആ ജീവന്റെ വിവേകം എന്ന് പറയുന്നത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് നിയന്ത്രണങ്ങൾക്ക് നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് വിവേകം എപ്പോഴും സ്വാതന്ത്ര്യത്തെയാണ് പരിപൂർണമായ സ്വാതന്ത്ര്യത്തെയാണ് അത് അപ്പം മനുഷ്യൻ വിവേകം കൊണ്ട് ഒരു നിയമത്തെയും പാലിക്കാൻ ഇഷ്ടപ്പെടുത്തുന്നു പിന്നെ എന്തുകൊണ്ട് നിയമങ്ങളെയൊക്കെ പാലിക്കുന്നു അതല്ല സമ്മർദ്ദം സമ്മർദ്ദം കൊണ്ടാണ് പാലിക്കുന്നത് സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആണ് ബാഹികമായ നിയമങ്ങളെപ്പോലും പാലിക്കുന്നത് അല്ലാതെ ഒരിക്കലും സ്വേച്ഛ ഒരു നിയമത്തെ പാലിക്കാൻ എന്തിനു മനുഷ്യൻ ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും മറ്റ് എല്ലാ അവൻ്റെ വ്യവഹാരങ്ങൾക്കും വിഹാരങ്ങൾക്കും എല്ലാം നിയമങ്ങളുണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം പൂർണമായ ഇഷ്ടത്തോടു കൂടിയല്ല ബോധപൂർവുമായി വിവേകപൂർവമായിട്ടല്ല ബാഹ്യമായ മറ്റ് പല ഘടകങ്ങളും അവനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ മുൻപാലിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള മോചനം സ്വാതന്ത്ര്യം അത് തന്റെ പ്രകൃതിയാണ് എന്നുള്ള തിരിച്ചറിവില്ലായാണ് അതാണ് അതിന് കാരണമായിരിക്കുന്നത് തന്റെ സ്വരൂപത്തെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് നിയമങ്ങൾ പാലിക്കുന്നതിന് ഒരുവൻ നിർബന്ധിതനായിത്തീരുന്നു ആ സ്വാതന്ത്ര്യം അതവന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവന നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയത് അതിന് അവിവേകം അജ്ഞാനം എന്നെല്ലാം വിളിക്കുന്നവനെയാണ് അവിവേകത്തിൽ നിന്നും അവിവേകം കൊണ്ടുള്ള അജ്ഞാനം കൊണ്ട് ആ ജീവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നിയമങ്ങൾക്ക് അധീനനാകുന്നു ബാഹ്യമായ നിയമങ്ങൾക്ക് അധീനനായിപ്പോകും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകപൂർവകമായി നിയമമില്ല വിവേകം നഷ്ടപ്പെടുന്നിടത്താണ് നിയമം അതുകൊണ്ടാണ് മഹാത്മാക്കളെ കുറിച്ച് പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിനും സ്വതന്ത്രത്തിൽ ഇരിക്കുന്നവൻ എന്നുവെച്ചാൽ ഒരു നിയമങ്ങൾ ഭാഗികമായ ഒരു നിയമത്തിനും വഴങ്ങാത്തവൻ സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് വാസ്തവത്തിൽ ജീവന്റെ സ്വരൂപം ആ സ്വാതന്ത്ര്യത്തിൽ കഴിയുന്നവരെയാണ് നമ്മൾ ജീവൻ മുക്തർ എന്ന് വിളിക്കുന്നത് ജീവിച്ചിരിക്കുക തന്നെ മുക്തരായിരിക്കുന്നു എന്തിൽ നിന്ന് സർവ്വ നിയമങ്ങളിൽ നിന്നും മുക്തരായിരിക്കുന്നു അതുകൊണ്ട് ജീവൻ മുക്തരെന്ന് വിളിക്കുന്നു ആ സ്വാതന്ത്ര്യം ഈ പ്രപഞ്ച ഘടകത്തിൽപ്പെട്ട ഒരു ജീവനും ഇല്ല അവൻ മായാധീനനായിരിക്കുന്നിടത്തോളം കാലം അവന് നിയമങ്ങളനുസരിച്ച് പറ്റൂ അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത് മുക്തന് മാത്രം ഇനിയുള്ള സ്വാതന്ത്ര്യം ബാക്കിയുള്ള സർവ്വ ജീവന്മാർക്കും ബന്ധനമാണ് അതിൽ പറയുന്നു മോക്ഷം എന്ന് പറയുന്നത് എന്താണ് ബന്ധനത്തിൽ നിന്നുള്ള മോചനം എന്താണ് ബന്ധനം ഈ നിയമങ്ങൾ അതാണ് ബന്ധനം അറിഞ്ഞോ അറിയാതെയോ ഈ നിയമങ്ങൾക്ക് കീഴ്പെട്ട് ജീവിക്കുന്നു അതാണ് ബന്ധനം എന്തുകൊണ്ട് ഈ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നു അതോട് പറഞ്ഞു മഹത് ഭയം ഈ നിയന്താവ് ഒരു മഹത്ഭയമാണ് വലിയൊരു ഭയമാണ് സർവരും ഭയപ്പെടുന്ന ഒന്നാണ് നമ്മളൊരു നിയമത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായിരിക്കുന്നു ഭൌതികമായ നിയമങ്ങളായാലും ശരി അതിനടിസ്ഥാനമായിരിക്കുന്നു നമ്മുടെ ഭയമായി ഭയക്കുന്നവന് മാത്രമേ നിയമത്തെ പാലിക്കാൻ പറ്റൂ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളെ ഭയക്കും സ്കൂളിലാണെങ്കിൽ അധ്യാപകരെ ഭയക്കും നിരത്തിലാണെങ്കിൽ പോലീസിനെ ഭയക്കും സമൂഹത്തിലാണെങ്കിൽ സമൂഹത്തിന്റെ പലതിനും ഭയക്കും അപ്പോൾ ഇങ്ങനെ പലതിനെയും ഭയന്നിട്ടാണ് മനുഷ്യൻ നിയമങ്ങളെ പാലിക്കുന്നത് ഈ സർവ്വഭയവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നുള്ളതാണ് മഹത്ഭയം എന്താണത് ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു മഹത്ഭയമുണ്ട് സർവ്വരും ഭയക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനെ ഭയന്നിട്ടാണ് സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയുന്ന ഈ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വൻഷത്ത് പറയുന്നത് ജഗതുത്പത്യാദിലണം ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് കാരണം ആ നിയമത്തെ പാലിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പാലിക്കുന്നു അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അങ്ങനെ ബ്രഹ്മം തന്നെ ഭയപ്പെടുത്തി ഈ നിയമത്തെ നിലനിർത്തുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഈ ഭയം ആവശ്യമാണ് ഒരു പരിധിവരെ അത് ആവശ്യമായിരിക്കുന്നു ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിയമം വേണമോ അവിടെ ഭയം വേണം അപ്പൊ ബ്രഹ്മം അവിടെ ഭയരൂപത്തിലിരിക്കുന്നു അതുകൊണ്ടാണ് ഈ നിയമം വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് അപ്പോൾ ഭയം ഉള്ളിടത്തെ അസ്വാതന്ത്ര്യമുള്ളൂ അസ്വാതന്ത്ര്യം ഉള്ളിടത്തെ ഈ പ്രപഞ്ചമുള്ളൂ സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഭയമില്ല അവിടെ പ്രപഞ്ചമില്ല ഒന്ന് മുക്തി മറ്റൊന്ന് ബന്ധനം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹത്ഭയം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നിയമങ്ങളിൽ നിന്നും മുക്തരാകണം എന്നാഗ്രഹിച്ചാലും അതിന് കഴിയുന്നില്ല എന്തുകൊണ്ട് മഹത്ഭയം ഈ നിയമപാലകൻ എന്നെ കുറിച്ചുള്ള ഭയം ഉള്ളിലിരിക്കുന്നു ആ ഭയം ഉള്ളിടത്തോളം കാലം നിയമങ്ങളിൽ നിന്നും മുക്തരാകാൻ സാധ്യമല്ല അതറിഞ്ഞോ അറിയാതെയോ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മഹച്ച ഭയം അത് മഹത്താണ് ഏറ്റവും വലിയ ഭയമാണ് ശ്രീജനപറം ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ന് പറയും ഭയത്തിൽ നിന്ന് മുക്തനാകുക വിവേത്തി അസ്മാതി മഹത്ഭയം സർവരും ഭയക്കുന്നത് എന്നർത്ഥം പ്രപഞ്ചത്തിന് ആവശ്യമായ ഈ നിയമവ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭയം അല്ലെങ്കിൽ ഈശ്വരനോടൊപ്പം ഇരിക്കുന്നതാണ് ഈ ഭയത്തെ തന്നെയാണ് മായ എന്ന് വിളിക്കുന്നത് അവിദ്യ എന്ന് വിളിക്കുന്നു അല്ല ഈ ഭയമാണ് ഈ ഭയത്തിന്റെ പര്യായമാണ് അതാണ് ഭീതി അസ്മാതി മഹദ്ഭയം ഇത് മഹദ്ഭയമാണ് എന്താണ് വജ്രം ഉദ്യതം ഉദ്യതമിവ വജ്രം ഒരാൾ ഒരു വജ്രായുധത്തെ ഒരിക്കലും മോചനം ലഭിക്കാൻ കഴിയാത്ത വജ്രായുധം അത് ഉദ്യതം ഉയർത്തിപ്പിടിച്ചതുപോലെയാണ് ഇപ്പോൾ വജ്രായുധം ഉയർത്തിപ്പിടിച്ചതുപോലെ അത് നിൽക്കുകയാണ് ആ ആയുധത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യത അല്ലാ ആ ആയുധം എപ്പോഴാണോ തന്റെ മേലിൽ എന്ന് ഭയന്നിട്ട് ആ നിയന്താവിന്റെ നിയമങ്ങൾക്കൊരുവൻ വഴങ്ങിക്കൊടുക്കുകയാണ് വിവേകപൂർവ്വം അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വിവേകമുള്ളിടത്ത് ഭയമില്ല നിയമമില്ല അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇതങ്ങനെയല്ല അങ്ങനെയൊരു ഭയത്തെ സർവജീവന്മാരിലും അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനജ്ഞാനമെന്നും വിളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് ഇഷ്ടമില്ലാതെയാണെങ്കിലും സർവവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോഴാണോ നിയമം ഇല്ലാതാകുന്നത് അപ്പോൾ പ്രപഞ്ചം അവസാനിക്കുന്നു യഥാകരം സ്വാമിനം അഭിമുഖീതം ദൃഷ്ട്രകാരമാണോ വജ്ര ഉദ്യതകരം സ്വാമിനം വജ്രം ഉയർത്തിപ്പിടി സ്വന്തം കയ്യിൽ ആയുധം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സ്വാമിനം യജമാനനെ അഭിമുഖീഭൂതം ദുഷ്വാ നേർക്കു നേരെ കാണുമ്പോൾ ഏതുസമയം തനിക്ക് ശിക്ഷ കിട്ടാം എന്ന് തോന്നിയിട്ട് ഭൃത്യാഹ ഭൃത്യന്മാർ സേവകന്മാർ നിയമേന നിയമപൂർവ്വം ആ നിയമങ്ങളെ തെറ്റിക്കാതെ തശാസനെ വർത്തന്തി ആ യജമാനന്റെ ശാസനയിൽ തന്നെ കഴിയുന്നു ഭയന്നിട്ടാണ് ശാസനയിൽ കഴിയുന്നത് നിയമത്തെ പാലിക്കുന്നത് ഭയം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് അടിസ്ഥാനപരമായി ഈ ഭയത്തെ ആശ്രയിച്ചിട്ടാണ് ഭയമില്ലെങ്കിൽ പ്രപഞ്ചമില്ല ഭയം ഉള്ളിടത്തേ പ്രപഞ്ചമുണ്ട് പ്രപഞ്ചവും അതിന്റെ നിയമങ്ങളും ഉണ്ട് പറയുന്നു ഇത് ജീവനെ സംബന്ധിച്ച് മാത്രമല്ല ചന്ദ്ര ആദിത്യ ക്ഷത്ര താരകാതിലക്ഷണം ജഗത്ത് ഈ ജഗത്ത് ആ ജഗത്തിന് എന്ന് പറയുമ്പോൾ ജീവന്മാരെ മാത്രം എടുക്കരുത് ചന്ദ്രൻ ആദിത്യൻ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്നുള്ള പറയുന്ന നക്ഷത്രങ്ങൾ താരകങ്ങൾ ബാക്കി ആകാശത്ത് കാണുന്ന താരങ്ങൾ ഈ രൂപത്തിലുള്ള ജഗത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ശീശ്വരം അതിനൊരു യജമാനനോടുകൂടി ജഗത്തിനൊരു യജമാനനുണ്ട് ഈ ജഗത്തിനെ ഭയപ്പെടുത്തുന്ന യജമാനം ആ യജമാനോടുകൂടി നിയമീന നിയമപൂർവ്വം എന്ന് വെച്ചാൽ മാറ്റമില്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ ക്ഷണമി അവിശ്രാന്തം ഒരു ക്ഷണം പോലും വിശ്രമിക്കാതെ നിയമപരിപാലനത്തിൽ ഒരു ക്ഷണം പോലും വിശ്രമിക്കാതെ ഒരു നിമിഷം വിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല സംഹാരമായി അവിശ്രാന്തം വിശ്രമിക്കാതെ വർത്തതയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സൂര്യനോ ചന്ദ്രനോ അതിന്റെ പ്രവൃത്തികളൊന്നും അതിന്റെ ചലനത്തിൽ നിന്നും ഒരു നിമിഷം വിശ്രാന്തി എന്നത് കരുതി കഴിഞ്ഞാൽ പ്രപഞ്ചം ഈ രൂപത്തിൽ തന്നെ തന്നില്ല സംഹാരമാകും ചിത്തിയുക്തം ഇതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഈ ചൂടും വെളിച്ചവും രാത്രിയും പകലും ഋതുഭേദങ്ങളും ഇതെല്ലാം എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഈ നിയമവ്യവസ്ഥ പ്രപഞ്ചം ഒടത്തോളം കാലം നിലനിൽക്കുന്നു ഇതെല്ലാം നമ്മൾ അറിയുന്ന നിയമങ്ങളാണ് നമ്മുടെ അറിവിന് വിഷയമാകുന്ന നിയമങ്ങളാണ് രാവും പകലും പ്രതിഭേദങ്ങളും എല്ലാം നമ്മൾക്ക് അറിയാൻ മയ്യാത്ത അനേക നിയമങ്ങൾ അനന്ത നിയമങ്ങളുമുണ്ട് അപ്പോ ഏതെങ്കിലും നിയമം തെറ്റി എന്ന് നമ്മൾ കരുതുന്നത് ഒരുപക്ഷെ മറ്റൊരു നിയമമായിരിക്കും തെറ്റിയ നിയമം എന്നൊന്നില്ല പ്രപഞ്ചത്തിന് പുതിയൊരു നിയമം നമ്മൾ അറിയുന്നു എന്നേ ഉള്ളൂ എന്തുകൊണ്ട് സർവവും നിയമാധീനമാണ് ആ നിയമങ്ങളെ പാലിച്ചേ തീരൂ ഇനി എവിടെയെങ്കിലും ഉഷ്ണം ഇല്ലാത്ത അഗ്നി ഉണ്ടെങ്കിലോ അത് അവിടുത്തെ നിയമവേദിക്കും ആ നിയമത്തെ നമുക്കറിയില്ല നമ്മൾ അറിവപ്പെട്ട നിയമങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയഗോചരമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അനുഭവവേദിയുമായിരിക്കുന്ന നിയമങ്ങൾ അതീന്ദ്രിയമായ പ്രപഞ്ചമുണ്ട് പ്രപഞ്ചം അനന്തമാണ് അവിടുത്തെ നിയമങ്ങളൊന്നും നമുക്ക് പരിചയമില്ല നമ്മളറിയാത്തിടത്ത് നിയമങ്ങൾ നിലനിൽക്കുന്നു ആ നിയമം അനുസരിച്ചാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ നിലനിൽപ്പിന് ആധാരം ആ നിയമമാണ് അതിനനുസരിച്ച് ഇത് നിലനിൽക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഇതുകൊണ്ട് നമുക്ക് കൽപ്പിക്കാം എന്താണ് ഇതിന് പിന്നിലൊരു നിയന്താവുണ്ട് അല്ലാതെ നിയമം ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് അനുഭവ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നിയന്താവില്ലാതെ നിയമങ്ങളുണ്ടായന് അത് കാണുന്നില്ലല്ലോ വൃഷ്ടിയിൽ നിയന്താവില്ലാതെ നിയമമില്ലായെങ്കിൽ സമഷ്ടിയിലും അതുതന്നെയായിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഒരു ഈശ്വരന്റെ അസ്തിത്വത്തിൽ തർക്കത്തിലൂടെയും സമർത്ഥിക്കുന്നത് ഏതോ ഈ രഹസ്യത്തെ മനസ്സിലാക്കുന്നവൻ എന്താണ് ഈ സർവവ്യവസ്ഥകളും ഭയത്തിൽ നിന്നുണ്ടായതാണ് ഭയരഹിതനായ ഈശ്വരനാണ് നിയന്താവ് അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നു സാക്ഷിഭൂതം ഏകം ഈ പ്രപഞ്ചത്തിന് പിന്നിൽ നിയന്ത ഇരിക്കുന്നത് സ്വാത്മവൃത്തിസാക്ഷിഭൂതം സ്വാത്മാവിൽ സ്വരൂപമായിരിക്കുന്ന തന്നിൽ തന്റെ തന്നെ സ്വരൂപത്തിൽ നടക്കുന്ന വൃത്തികൾ ഈ പറഞ്ഞ നിയമങ്ങൾ തന്നിലിന്ന് നടക്കുന്നുണ്ട് പ്രപഞ്ചത്തിലും നടക്കുന്ന നിയമങ്ങളെല്ലാം തന്നിലും നടക്കുന്നു വൃത്തി നിയമം ചേഷ്ട തന്നിലും നടക്കുന്നുണ്ട് ഈ ചേഷ്ടകളെന്ന് പറയുന്നതെല്ലാം നിയമങ്ങളാണ് കണ്ണിന് കാണാനേ കഴിയുന്നുള്ളു കേൾക്കാൻ കഴിയുന്നില്ല ചെവിക്ക് കേൾക്കാനേ കഴിയുന്നുള്ളു കാണാൻ കഴിയുന്നില്ല ഇതൊക്കെ നിയമങ്ങളാണ് സ്വപ്നവൃത്തികളാണ് തണ്ണിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമമാണെന്നറിയുന്നില്ല പക്ഷെ അതങ്ങനെ കഴിയുന്നുള്ളൂ അങ്ങനെ അല്ലാതെ കണ്ണുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല ൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടിത് നിയമമാണ് ഇവയ്ക്കെല്ലാം ഈ നിയമത്തെ അനുസരിച്ചേ പറ്റും ആണ് സ്വപ്നവൃത്തികൾ എന്ന് പറയുന്നത് തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ നിയമചേഷ്ടകൾ പരമാർത്ഥത്തിൽ ആരാണ് ഈ നിയമങ്ങൾ സാക്ഷിഭൂതം തന്നിൽ തന്നെ സാക്ഷിരൂപത്തിലിരിക്കുന്ന ഏകം ബ്രഹ്മ ആ ഏകനായ പരമാത്മാവ് തന്നെ എന്നറിയുന്നവൻ എന്ന് മനസ്സിലാക്കുന്നവൻ തന്നിൽ തന്നെ നടക്കുന്ന ഈ നിയമവ്യവസ്ഥ ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ പ്രാണന്മാരുടെ എല്ലാ നിയമവ്യവസ്ഥ കൂടെ കാണുന്നുണ്ട് ശരീരത്തിന്റെ നിയമമാണ് അതിന്റെ വികാരങ്ങൾ ജന്മ ഏറദ്ധി പരിണാമം അപക്ഷയം വിനാശനം എന്നുപറയുന്ന ഭാവവികാരം ഇതൊരു നിയമമാണ് ശരീരത് ഉണ്ടാകുന്നു പിന്നെ അത് നിലനിൽക്കുന്നു വളരുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു ഇത് ശരീര നിയമമാണ് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു പഞ്ചപ്രാണന്മാര് അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു പ്രാണാപാനാദി ഇതെല്ലാം നിയമമുണ്ട് ഇതാണ് സ്വപ്നവൃത്തികൾ എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ നടപ്പിലാക്കിയതാര് നടപ്പിലാക്കിയ ആളാണ് സാക്ഷി സാക്ഷിഭൂതം ആ സാക്ഷിയാരാണ് പരമാത്മാവുൻ സമഷ്ടി പ്രപഞ്ചത്തിലും നിയമത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ ആ ശരീരത്തിനുള്ളിൽ സാക്ഷിയായിരുന്നു ഈ വൃഷ്ടി ശരീരത്തിലെ നിയമങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനാണ് നേരത്തെ ഭയം മഹത്ഭയം അതല്ല ഭയം മനുഷ്യന് സഹജമായിരിക്കുന്നു ഭയമില്ലാത്ത മനുഷ്യനുണ്ട് ജീവനിൽ സഹജമായിരിക്കുന്ന ഒന്നാണ് ഭയം വിശപ്പും ദാഹുവും പോലെ ഭയം ഇരിക്കുന്നു ഏത് ധീരൻ ഉള്ളിലിരിക്കുന്നതാണ് ഭയം ആ ഭയത്തിനാശ്രയമായിരിക്കുന്നതാണ് സാക്ഷി ആ ഭയത്തെ നിലനിർത്തുന്നവനാണ് സാക്ഷി സ്വാത്നവൃത്തി സാക്ഷിഭൂതം ഏകം ബ്രഹ്മ അതെന്താണ് ഈ പ്രപഞ്ചത്തിന് നിയന്തായിരിക്കുന്ന ഏകനായ പരമാത്മാവ് തന്നെ എന്നറിയുന്നവൻ യ ഏതദ് വിധുഹു ആരാണോ ഇതിനെ സാക്ഷാത്കരിക്കുന്നത് തന്റെ ഉള്ളിൽ തന്നെ ഈ പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നത് തന്നിൽ നടക്കുന്ന സർവവൃത്തികൾക്കും സാക്ഷിഭൂതനായി അതിനെ സാക്ഷാത്കരിക്കുന്നത് അവൻ അമൃത അമരണധർമാണ തേ ഭവന്തി അവരെല്ലാം അമൃതന്മാരായിത്തീരുന്നു സ്വതന്ത്രരായിത്തീരുന്നു ഈ നിയമവ്യവസ്ഥകൾക്കെല്ലാം അതീതരായിത്തീരുന്നു എന്നത് മനുഷ്യൻ ബാഹ്യമായി കൃത്രിമമായി സൃഷ്ടിക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് മാത്രമല്ല അനാദിയായി ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ നിയമവ്യവസ്ഥകളെയും അവൻ അതിലംഘിക്കുന്നു എന്നാണ് ഇന്ദ്രിയധർമ്മങ്ങള് പ്രാണധർമ്മങ്ങള് ശരീരധർമ്മത്തെ എല്ലാം അതിക്രമിക്കുന്നു അതാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ദ്രിയധർമ്മങ്ങൾക്കും പ്രാണധർമ്മങ്ങൾക്കും ശരീരധർമ്മങ്ങൾക്കുമെല്ലാം ജീവൻ വിധേയനായിരിക്കുന്നതാണ് അവന്റെ സഹജമായ അസ്വാതന്ത്ര്യം അതിനെല്ലാം അതിക്രമിച്ച് സഹജമായ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരുന്നു സഹജമായ അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന ജീവന് ബാഹ്യമായ നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ ജീവന്റെ ബുദ്ധി കല്പിതമായ നിയമങ്ങളെയും അവന് സമൂഹത്തിലുള്ള നിയമങ്ങൾ വ്യക്തി ജീവിതത്തിലുള്ള നിയമങ്ങൾ എല്ലാം ജീവന്റെ ബുദ്ധികൽപ്പിതമായ നിയമങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നതിന് നിയമം വസ്ത്രം ധരിക്കുന്നതിന് നിയമം എല്ലാത്തിനും ഉടുപ്പിനും നടപ്പിനും എല്ലാ നിയമങ്ങളും മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നു കാലദേശങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം മനുഷ്യൻ പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു എന്തുകൊണ്ട് അവൻ സഹജമായി നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു വാസനാബദ്ധമായിരിക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു ആ നിയമങ്ങൾ എന്താണ് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി പ്രാണന്മാരുടെ പ്രവൃത്തി ശരീരധർമ്മങ്ങൾ ഇതല്ല അജീവൻ സൃഷ്ടിച്ചതല്ല അനാദികാലമായി അവനും ഇരിക്കുന്ന നിയമങ്ങളാണ് ഈശ്വര സൃഷ്ടമായ നിയമങ്ങളാണ് ഈ നിയമങ്ങൾക്ക് അവൻ അധീനനായിരിക്കുന്നിടത്തോളം കാലം ബാഹ്യ നിയമങ്ങളെ പാലിച്ചേ തീരും അതിൽ നിന്നവൻ മുക്തിയില്ല എപ്പോഴാണോ അവൻ ഈ നിയമങ്ങൾക്ക് അതീതനായിത്തീരുന്നത് എങ്ങനെ ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപ രസവിഷയങ്ങൾക്ക് അധീനങ്ങളായി അതിന്റെ പിന്നാലെ പോകുന്നു അതിനോട് ജീവൻ താതാമ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ പ്രാണന്മാർ അതിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു ശരീരം അതിന്റെ ധർമ്മത്തെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിനോടെല്ലാം ആ സാക്ഷി ജീവഭാവത്തിൽ പ്രാധാന്യപ്പെട്ടിരിക്കുന്നു ഇതാണ് അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതാണ് നിയമം ഈ നിയമത്തെ മറികടക്കുന്നവൻ ഈ ധർമ്മങ്ങളിൽ നിന്നെല്ലാം നിരപേക്ഷനായിരിക്കുന്നവൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വത്നവൃത്തിസാക്ഷിഭൂതനായിരിക്കുന്നവൻ ആത്മനിഷ്ഠനായിരിക്കുന്നവൻ അവൻ അമരണധർമാണ മരണമില്ലാത്തവനായിത്തീരുന്നു സ്വതന്ത്രനായിരിക്കുന്നു സ്വസാക്ഷിഭാവത്തെ സാക്ഷാത്കരിച്ച ബാക്കിയുള്ളവരെല്ലാം ഈ നിയമത്തിന് അധീനരായിരിക്കുന്നു സർവ്വജീവന്മാരും എന്നുള്ളതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് യതിദംച്ച ജഗ സമ്പൂർണജത്തും നിസ്സൃതം സൃഷ്ടിക്കപ്പെട്ടിട്ട് പ്രാണേജതി െ പരബ്രഹ്മത്തിൽ ഈ ജതി നിയമപൂർവം വർദ്ധിക്കുന്നു തത് എന്ന് ആ ബ്രഹ്മം വജ്രായുധം ഉയർത്തിപ്പിടിച്ചവനെ പോലെ മഹദ്ഭയം വലിയ ഭയത്തെ ഉളവാക്കുന്നവനാണ് ഏതൊരുവനാണോ ഭയത്തിനു കാരണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ വിദു അറിയുന്നത് തേ അവർ അമൃതാ ഭവന്തി അമരന്മാരായിരുന്നുജതി നിസൃതം മഹദ്ഭയം വജ്രം ഉദ്യതം വിതുരമൃതീ കഥം തദ്ധ ഇങ്ങനെയാണ് കഥം തദ്ന്താവിന് ഭയന്നിട്ട് ജഗദ്വർത്തദേ ജഗത്ത് വർദ്ധിക്കുന്നത് ഇത്യാഹ അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് എങ്ങനെ ഭയന്ന് കഴിയുന്നു ഭയാ അഗ്നിസ്ഥപതി ഭയാ സൂര്യ യാദ് ഇന്ദ്രുസ്ഥാവതി പഞ്ചമഹികാരൻ പറയുന്നത് ഭയാദ് ഭീത്യ ഭയന്നിട്ട് ഭയം കൊണ്ട് എന്തിനോടുള്ള ഭയം കൊണ്ട് പരമേശ്വര ആ പരമേശ്വരനെ ഭയന്നിട്ട് അഗ്നിത്വപതി അഗ്നി ജ്വ അഗ്നി അതിന്റെ സ്വഭാവത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല അതിനെ ഭയന്നിട്ട് തപതി സൂര്യ സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഭയാത് ഇന്ദ്രശ്ച വായുശ്ചന്ദ്രൻ അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ദേവന്മാരെ മുഴുവൻ സൂചിപ്പിച്ചു പറയുകയാണ് എല്ലാ പ്രപഞ്ചഘടകങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട് പ്രപഞ്ചശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഓരോ ദേവതാ ഉണ്ടായി അത് ഭൂമിക്കും ജലത്തിനും അഗ്നിക്കും വായുവിനും ആകാശത്തിനുമെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ദേവതാ ചൈതന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു ഈ ദേവതകളെല്ലാം ഇന്ദ്രദേവൻ വായുദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാം സൃഷ്ടിയെ വർഷിക്കുന്നു വായുവിനെ ചരിപ്പിക്കുന്നു ഇവരെല്ലാം ഇന്ദ്രശ്ച വായുശ്ചന്ദ്രനും വായുവും എല്ലാം എന്തിന് മൃത്യുഹുധാവതി മൃത്യുപോലും ധാവതി മിച്ച മൃത്യുദേവൻ സർവത്ര ഓടി നടന്ന് സ്വകൃത്യം സ്വകൃത്യം നിർവഹിക്കുകയാണ് എല്ലാ ഭാഗത്തും അത്ര പഞ്ചമഹ പഞ്ചമനായി പറഞ്ഞ ക്രമത്തിൽ പഞ്ചമൻ എന്ന് പറഞ്ഞ മൃത്യുപോലും മൃത്യുദേവൻ പോലും സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ് മൃത്യുദേവൻ പല സർവത്തെയും മരണത്തിന് അധീനമാക്കും അങ്ങനെ സർവ്വത്തെയും നിയന്ത്രിക്കുന്ന ആ മൃത്യുദേവൻ പോലും ഈ പരമേശ്വരനെ ഭയന്നിട്ടാണ് തന്റെ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സർവത്ര മൃത്യർ ധാവതി എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്നു കൃത്യസമയത്ത് എത്തി സ്വകൃത്യത്തെ നിർവഹിക്കുന്നു സർവ സ്ഥലങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സർവ്വതും നശിക്കുന്നു മനുഷ്യ മരിക്കുന്നത് മാത്രമല്ല മൃത്യുവിന്റെ ധർമ്മം സൃഷ്ടിക്കപ്പെട്ട സർവത്തെയും സംഹരിക്കുന്നു ആ സംഹാരം മൂർത്തിയണം പറയുന്നു ജഡമായാലും ചേതനമായാലും സംഹരിക്കുക ആ സംഹാര വളരെ കൃത്യതയോടുകൂടി സർവലോകങ്ങളിലും ഭൂർഭസ്വ എന്ന് പറയുന്ന സപ്തദശലോകങ്ങൾ സർവലോകങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് മൃത്യുദേവൻ മൃത്യുദേവൻ പോലും ആ നിയമത്തെ ഭയന്നിട്ട് സ്വന്തം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം അത് തന്നെ വിശദീകരിക്കുന്നു നീശ്വരാണ് ലോകപാലാന സമർത്ഥാന സദാം നിയന്താ ചേ വജ്ര ഉദ്യതകരവ് നമിഭയഭീതാനാമി ൃത്യാനാം നിയത പ്രവൃത്തി രൂപപദ്ധ്യത ഈശ്വരാണാം ലോകപാലാനാം മനുഷ്യന്റെ കാര്യം പോട്ടെ ലോകപാലന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ അഗ്നിദേവൻ സൂര്യദേവൻ വായുദേവൻ മൃത്യുദേവൻ ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ കൂടി സമർത്ഥാനാം സർവ സാമർഥ്യങ്ങളുമുള്ളവരാണ് അണിമാതിയ ഐശ്വര്യങ്ങളും ആണ് സാമർഥ്യം ഐശ്വര്യങ്ങളെല്ലാം ഉള്ളവരാണ് സദാം നിയന്താച് പക്ഷെ അവർക്ക് കൂടി എന്ത് ചെയ്യണം ഒരു നിയന്താവ് വേണം അപ്പൊ സാധാരണ ജീവന്മാരുടെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ് എങ്ങനെ വജ്രബുദ്ധ്യതകരവ് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയന്താവ് അങ്ങനെ ഒന്നില്ലാതിരുന്നാൽ ഇവർ പ്രവർത്തിക്കത്തില്ല എന്നാണ് എസ് ചെയ്യാതെ അങ്ങനെ ഒന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ കൂടി പ്രവർത്തിക്കത്തില്ല സഹജീവന്മാർ ആ നിയമത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിലർത്ഥമുണ്ട് സ്വാമി ഭയഭീതാനാമി വൃത്തിയാണ് ഭയന്നിട്ട് ഭൃത്യന്മാർ പണിയെടുക്കുന്നത് പോലെ നിയതാപ്രവൃത്തി അവർ മാറ്റമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ഉപപദ്ധ്യരെ യുക്തമായിരിക്കുന്നത് എന്തുകൊണ്ട് ഒരു ഈശ്വരൻ അവരെ ഭയപ്പെടുത്തുന്നവരുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ലോകപാലന്മാരായിരിക്കുന്ന ദേവന്മാർക്ക് കൂടി ദേവന്മാർ ഭയം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവന്റെ കാര്യം പറയാനുണ്ടോ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവന്മാരും നിയമത്തെ അനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ നിയമത്തെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കാൻ ജീവനും പരവശനായി അവൻ പ്രവർത്തിച്ചേ പറ്റൂ എന്നാണ് ആ നിയന്താവിന് അധീനനായി അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സമ്പൂർണ്ണ ജഗത്തും നിയമാധീനമാണ് ഈശ്വര നിയമത്തിന് അധീനമാണ് ആ ഈശ്വര നിയമത്തിനപ്പുറം അത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ബുദ്ധി പോലും അതിനധീനമാണ് അതുകൊണ്ട് അപ്പുറം എന്നൊന്നും ചിന്തിക്കാൻ സാധ്യമല്ല സർവത്തെയും ഒരു നിയന്താവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു സർവവും ഒരു നിയന്താവിന് അധീനമാണ് ലോകത്തിലെ സർവവും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും സർവവും ഈശ്വരന്റെ തന്നെ നിയമവ്യവസ്ഥക്ക് അധീനമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ആ ഈശ്വരന്റെ സർവശക്തിത്വത്തെ സർവജ്ഞത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രങ്ങൾ ശ്രമിക്കുന്നത് പറഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ അതിന്റെ ഒരു വിശദീകരണ രൂപത്തിലാണ് ഈ മന്ത്രം നിലനിൽക്കുന്നത് ഭയാദ് അസ്യ അഗ്നിഷ്ടപതി അസ്യ ഭയാദ് അസ്യ ഇവനെ ഭയാത് ഭയന്നിട്ട് അഗ്നിതപതി അഗ്നിദേവൻ തപിക്കുന്നു സൂര്യ തപതി സൂര്യദേവൻ തപിക്കുന്നു ഇന്ദ്ര ഇന്ദ്രൻ പ്രവർത്തിക്കുന്നു ഇന്ദ്രൻ അതിന്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അസ്യഭയാൽ വായു ധാവതി അതിനെ ഭയന്നിട്ട് വായുവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചമഹ മൃത്യുസ്ഥ പഞ്ചമനായിരിക്കുന്ന സർവോപരിയായിരിക്കുന്ന അമൃത്യ കൂടി അസ്യ ഭയാധാവതി ഇവനെ ഭയന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര ഭയത്തിന് അധീനമാണ് സർവജഗത്തും അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഭയാത് അസ്യസ്ഥപതി ഭയാത്തപതി സൂര്യ ഭയാദ് ഇന്ദ്രശ്ചായുശ മൃത്യുദ്ധാവതി പഞ്ചമ ഈ ഭയകാരണനായിരിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുകയാണ് ഇഹ് ചെയ്ത് അശഗത് ബോദ്ധം പ്രാക് ശരീരസ്രസ ശരീര ജീവന്നേവേദക് ജയകാരണം ബ്രഹ്മ ബോദ്ധു അഗന്ധം പൂർവം ശരീര നിസ്സ്രസ അസ്രംസന പത സംസാര ചേത് അശഗത്ബോധം തധോധാ സർഗേഷു സൃജ്യന്ഷ്ടവ്യാണിന് സർഗാ പൃഥിയാദയ ലോകു ലോകേഷു ശരീര ശരീരഭാവായ കൽപത്തെ സമർത് ശരീരം ഗൃഹാതി തമാരീരവിസ്രംസനാ ആത്മബോധാ യത്നസ് ഇഹ ജീവ ചേ യതി അശകത് ഇഹ എന്നു പറഞ്ഞാൽ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ലോകത്ത് ഈ ജീവഭാവത്തിനും ഈ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇരിക്കെ തന്നെ എതി അശകത് ശക്നോതി കഴിയുകയാണെങ്കിൽ ശക്തഹസ്സൻ പ്രാപ്തിയുള്ളവനാകുകയാണ് എങ്കിൽ ജാനാദി അങ്ങനെ ഇതിനെ അറിഞ്ഞാൽ ഇതിനറിയാൻ പ്രാപ്തിയുള്ളവനായി അറിഞ്ഞാൽ എന്തിനാ തദ്ഭയ കാരണം ബ്രഹ്മ ഈ ഭയത്തിന് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ എവിടെ നിന്ന് ഈ ഭയം വരുന്നു ഈ ഭയത്തിന്റെ ഉറവിടത്തെ സഹജമായിരിക്കുന്ന ഭയം ഇതെവിടെ നിന്ന് വരുന്നു ആ ഉറവിടത്തെ ബ്രഹ്മബോധം അവഗന്ധം അതിനെ അറിയാൻ കഴിഞ്ഞാൽ ഭയത്തെ അല്ല ഭയത്തിന്റെ കാരണത്തെയാണ് അവഗന്ധം റിയുന്നതിന് എപ്പോ പ്രാക് പൂർവം ശരീരം ഈ ശരീരനാശത്തിന് മുമ്പ് അറിയണം ശരീരവിശ്രസം അവസ്രംസനാ അവസ്രംസം അതിന്റെ പതനാ പതനം ഈ ശരീരത്തിന്റെ പതനം ശരീരം ഉണ്ടായി നിലനിന്ന് വാർധക്യത്തിലുള്ള നാശം ശരീരത്തിന്റെ അവശ്രംസന ഏത് നിമിഷവും സംഭവിക്കും ശരീരം നശിച്ചു പോകാം പതിച്ചു പോകാം അതുകൊണ്ട് അടുത്ത നിമിഷം അത് സംഭവിക്കാം ആർക്ക് എപ്പോ സംഭവിക്കും ഒരറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പ് അടുത്ത നിമിഷം അത് സംഭവിക്കും എങ്കിൽ ഈ നിമിഷം തന്നെ ഈ നിമിഷം മാത്രമേ ആ ജീവന്റെ കയ്യിലുള്ളൂ കാരണം അടുത്ത നിമിഷം ആ ശരീരപാത സംഭവിക്കാം അതുകൊണ്ട് ഈ നിമിഷം തന്നെ റിഞ്ഞ് സംസാരബന്ധന അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ അവൻ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് ഈ ഭയത്തിൽ നിന്ന് ഈ നിയമങ്ങളിൽ നിന്നെല്ലാം വിമിച്ചതേ സ്വതന്ത്രനായിത്തീരുന്നു അപ്പൊ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകണമെങ്കിൽ അടുത്ത നിമിഷം തന്നെ ശരീരപാത സംഭവിക്കാം ഈ നിമിഷം തന്നെ അറിയണം ഈ ശരീരത്തിലിരിക്കെ തന്നെ അറിയണം അതെ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അറിയാൻ ഇനി ഒരു നിമിഷമേ ഉള്ളൂ ഇപ്പോ തന്നെ അതിനെ അറിയണം അടുത്ത നിമിഷം ഉറപ്പില്ല കാരണം ശരീരബാധ സംഭവിക്കും അതുകൊണ്ട് പറയുന്ന ഈ നിമിഷം തന്നെ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് ഭയത്തിൽ നിന്നും മുക്തനായിത്തീരുക അതാണ് ശ്രുതി പറയുന്നത് അതിന് കഴിഞ്ഞില്ലെങ്കിലോ നജീർ അശകത് ബോദ്ധം അതിനു കഴിഞ്ഞില്ലെങ്കിൽ മുക്തി അത് കാലാതീതമായ ഒന്നാണ് കാലാതീതമായ അതിനെ ജീവൻ മായാധീനനായ ജീവൻ കാലാധീനനായിരിക്കുന്നുണ്ട് കാലമാകുന്ന ഉപാധിയിലൂടെ തന്നെ അതിനെ സമീപിക്കുന്നു ഭൂതം അത് നഷ്ടപ്പെട്ടുപോയി ഭാവി അത് കരഗതമല്ല ജീവനും മുക്തിയെ ആർജിക്കുന്നതിന് ഉള്ള ഏകമായ കാലോപാധി എന്ന് പറയുന്നത് ഇഹ ഇപ്പോ ഈ നിമിഷമാണ് ഈ നിമിഷം മുക്തനാകാൻ കഴിഞ്ഞില്ലെങ്കിലോ നജേദശകത് ബോധം ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നു കഴിഞ്ഞാൽ തഥ അക്കാരണം കൊണ്ട് തന്നെ ഈ നിമിഷത്തെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അനവബോധ ആ മുക്തിയെ അവന് സാക്ഷാത്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് സർഗേഷു കാത്തിരിക്കുന്ന അനന്തലോകങ്ങൾ ലോകങ്ങളിലാണോ സൃഷ്ടവ്യ സൃഷ്ടിക്കപ്പെടേണ്ടതായ പ്രാണിന് പ്രാണികൾ സൃജ്യന് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് സർഗാഹ ഇതാണ് സർഗങ്ങൾ പൃഥിവ്യാദിയോ ലോകാഹ പൃഥി ലോകങ്ങൾ തേശു സർഗേഷു ലോകേഷു ഈ ലോകങ്ങളിൽ എന്ത് ചെയ്യുന്നു ശരീരത്വായ ശരീരഭാവായ ശരീരഭാവത്തിനായി കൽപ്പന്തി സമർത്ഥോഭൂതി അതിന് യോഗ്യനായിത്തീരുന്നു മുക്തിക്ക് യോഗ്യനല്ല എങ്കിൽ അതായത് ഈ ക്ഷണം തന്നെ മുക്തിക്ക് യോഗ്യനല്ല എങ്കിൽ ഇപ്പം മുക്തി നേടാൻ കഴിഞ്ഞില്ല നാളെ മുക്തിക്ക് വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ എന്താണ് കിട്ടുന്നത് ശരീരഭാവായ അവന് പിന്നെ യോഗ്യത ശരീരഭാവത്തിന് വേണ്ടിയിട്ടാണ് ശരീരഭാവായ കൽപ്പതെ സമൃദ്ധി ശരീരം ഗൃർണാധിത്യത ശരീരം സ്വീകരിച്ചോളും അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമമൊന്നും വേണ്ട തനിയെ തന്നെ അത് സംഭവിച്ചോളൂ ബന്ധനത്തിന് പരിശ്രമം ആവശ്യമില്ല പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ് പരിശ്രമം തസ്മാത് ശരീരവിശ്രംസനാ പ്ര ശരീരനാശത്തിന് മുമ്പ് തന്നെ ആത്മബോധായ ഈ ആത്മബോധത്തിന് യജ്ഞ പരിശ്രമം നിഷ്ഠയോടുകൂടി ചെയ്യണം നിഷ്ഠയായ പരിശ്രമം ആവശ്യമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അതായത് മോക്ഷം ജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് മോക്ഷം മതി എന്ന് കരുത് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമവും പലതരത്തിലാണ് പരിശ്രമിക്കുന്നത് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടണം എന്നുള്ള പരിശ്രമവും മോക്ഷം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് നേടേണ്ടതല്ല കാരണം മോക്ഷത്തിൽ കാലമില്ല എന്നാൽ കാലം ഒരു ഉപാധിയാണ് ഉപായമാണ് പിന്നെ ഏത് ക്ഷണത്തിലായിരിക്കും അത് നേടുന്നത് അതിനവിശേഷിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്ഷണത്തിലാണ് മോക്ഷം കൈവിട്ടുപോയ ക്ഷണത്തിന് മോക്ഷം നേടാൻ പറ്റില്ല കയ്യിൽ എത്തിച്ചേരാത്ത ക്ഷണത്തിനും അത് സാധിക്കില്ല അതുകൊണ്ട് മോക്ഷത്തെ വർത്തമാനത്തിൽ തന്നെ നേടണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്യണം അതാണ് നിഷ്ഠയായ പരിശ്രമം ആത്മബോധായ ആത്മബോധത്തിന് വേണ്ടി ആ പരിശ്രമം ആവശ്യമാണ് അല്ലാതിരുന്നാലോ ശരീരത്വമായ കൽപ്പതയായി ഒരുപാട് ശരീരങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ആ ശരീരങ്ങളെല്ലാം സ്വീകരിക്കേണ്ടി വരും ബന്ധനം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ശ്രുതി പറയുന്നത് ഈഹ മന്ത്രത്തിൽ പറയുന്ന ഈഹ ശരീര ശരീരത്തിന്റെ വിശ്രസഹ നാശത്തിന് പ്രാഖ് മുമ്പ് തന്നെ ബോധം അശത് ബോദ്ധം ആത്മാവിനെ അറിയുന്നതിന് അശകത്ത് കഴിയണം അല്ല എങ്കിൽ തഥ അതിന് കഴിഞ്ഞില്ല എങ്കിൽ സർഗേഷു ലോകേഷു അനന്തലോകങ്ങളിൽ ശരീരത്വായ ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും അനന്തശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ആത്മാവിനെ വിസ്മരിച്ച് ജീവന്റെ ലക്ഷ്യമായിരിക്കുന്ന മോക്ഷപ്രാപ്തിയെ വിസ്മരിച്ച് മനുഷ്യൻ പ്രപഞ്ചവ്യവഹാരങ്ങളിൽ പെട്ടുപോകരുത് അതാണ് ശ്രുതി പറയുന്നതിൻ്റെ താല്പര്യം മായയ്ക്കധീനനാകരുത് അശഗത് ബോധം പ്രക് ശരീര മിസ്രസേഷ कल्पदे।